ധ്യായം പതിമൂന്ന് യഹോവയെന്നോട് നീ ചെന്ന് ഒരു ചണനൂൽ കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക അതിനെ വെള്ളത്തിൽ ഇടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ യഹോവയുടെ കൽപ്പനപ്രകാരം ഒരു കച്ച വാങ്ങി അരയ്ക്ക് യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം എനിക്കുണ്ടായതെന്തെന്നാൽ നീ വാങ്ങി അരയ്ക്ക് കെട്ടിയ കച്ചയെടുത്ത് പുറപ്പെട്ട് ഫ്രാത്തിനരികത്ത് ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചുവെക്കുക യഹോവയനോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെന്ന് അത് ഫ്രാത്തിൻ അരികെ ഒളിച്ചു വെച്ചു ഏറെ കഴിഞ്ഞ ശേഷം യഹോവയെന്നോട് നീ പുറപ്പെട്ട് ഫ്രാത്തിനരികെ ചെന്ന് അവിടെ ഒളിച്ചു വെപ്പാൻ നിന്നോട് കൽപ്പിച്ച കച്ച എടുത്തുകൊള്ളുക എന്നരുളി ചെയ്തു അങ്ങനെ ഞാൻ ഫ്രാത്തിനരികെ ചെന്നു ഒളിച്ചു വെച്ചിരുന്ന സ്ഥലത്തുനിന്ന് കച്ച മാന്തിയെടുത്തു എന്നാൽ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതെ ആയിരുന്നു യഹോവയുടെ എളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇങ്ങനെ ഞാൻ യഹൂദയുടെ ഗർവവും യരിശിലേമിന്റെ മഹാഗർവവും കെടുത്തുകളയും എന്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിന്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെ ആയിത്തീരും കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നതുപോലെ ഞാൻ ഇസ്രയേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് എല്ലാ തുരുത്തിയിലും വീഞ്ഞു നിറയുമെന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു എല്ലാ തുരുത്തിയിലും വീഞ്ഞു നിറയുമെന്ന് ഞങ്ങൾ അറിയുന്നില്ലയോ എന്നവർ നിന്നോട് ചോദിക്കും അതിന് നീ അവരോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഈ ദേശത്തിലെ സർവ്വനിവാസികളെയും ദാവിദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും എരിശിലെമിലെ സർവനിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും ഞാൻ അവരെ അന്യൂ അന്യൂ പിതാക്കന്മാരെയും പുത്രന്മാരെയും തമ്മിലും മുട്ടി നശിക്കുമാറാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് അവരെ നശിപ്പിക്കുകയല്ലാതെ ഞാൻ അവരുടെ കനുവോ ക്ഷമയോ കരുണയോ കാണിക്കയില്ല നിങ്ങൾ കേൾപ്പീൻ ചെവി തരുവീൻ ഗർവിക്കരുത് യഹോവയല്ലോ അരുളി ചെയ്യുന്നത് ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാരപർവതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസ്സും കൂരിട്ടും വരുത്തും നിങ്ങൾ കേട്ടനുസരിക്കയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ കരയും യഹോവയുടെ ആട്ടിൻകൂട്ടത്ത് പിടിച്ചുകൊണ്ടുപോയിരിക്കയാൽ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീരൊഴുക്കും നീ രാജാവിനോടും രാജമാതാവിനോടും താഴെയിറങ്ങിയിരിപ്പീൻ നിങ്ങളുടെ ചൂടാമണിയായ ഭംഗിയുള്ള കിരീടം നിലത്തു വീണിരിക്കുന്നു എന്ന് പറക തെക്കുള്ള പട്ടണങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു തുറപ്പാൻ ആരുമില്ല യഹൂദയെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി അശേഷം പിടിച്ചുകൊണ്ടുപോയി നീ തലപൊക്കി വടക്ക് നിന്ന് വരുന്നവരെ നോക്കുക നിനക്ക് നൽകിയിരിക്കുന്ന കൂട്ടം നിന്റെ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ നിനക്ക് സഖികളായിരിക്കാൻ നീ തന്നെ ശീലിപ്പിച്ചവരെ അവൻ നിനക്ക് തലവന്മാരായി നിയമിക്കുന്നു എങ്കിൽ നീ എന്തു പറയും നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ നിനക്ക് വേദന പിടിക്കിയില്ലയോ ഇങ്ങനെ എനിക്ക് ഭവിപ്പാൻ സംഗതി എന്ത് എന്ന് നീ ഹൃദയത്തിൽ ചോദിക്കുന്നുവെങ്കിൽ നിന്റെ അകൃത്യ ബഹുത്വം നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് നീങ്ങിയും നിന്റെ കുതികാലിന് അപമാനം വന്നും ഇരിക്കുന്നു കൂശ്യന് തന്റെ തൂക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും ആകയാൽ ഞാനവരെ മരുഭൂമിയിലെ കാറ്റത്ത് പാറിപ്പോകുന്ന താളടി പോലെ ചിതറിച്ചുകളയും നീ എന്നെ മറന്ന് വ്യാജത്തിൽ ആശ്രയിച്ചിരിക്കും ഞാൻ നിനക്ക് അളന്നു തന്ന എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് ഞാനും നിന്റെ നഗ്നത പ്രത്യക്ഷമാകേണ്ടതിന് നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് നിന്റെ മുഖത്തിനുമീതെ പൊക്കിവയ്ക്കും നിന്റെ വ്യഭിചാരം മതഗർജനം വേശ്യാവൃത്തിയുടെ വഷളത്വം എന്നീ മ്ളെച്ചതകളെ ഞാൻ വയലുകളിലെ കുന്നുകളിന്മേൽ കണ്ടിരിക്കുന്നു എരുശിലേമേ നിനക്ക് കഷ്ടം നിർമ്മലയായിരിക്കാൻ നിനക്ക് മനസ്സില്ല ഇങ്ങനെ ഇനി എത്രത്തോളം